നിങ്ങൾ അവകാശപ്പെട്ട എന്റെ പങ്കാളികളെ വിളിക്കുവിൻ എന്ന അള്ളാഹു സുബാനുഹുവതായാലയുന്ന ഒരു ദിവസമുണ്ടാകും അപ്പോൾ അവർ അവരെ വിളിക്കും എന്നാൽ അവർ അവർക്ക് മറുപടി നൽകുകയില്ല അവർക്കിടയിൽ നാം നാശത്തിന്റെ ഒരു താഴ്വര ഒരുക്കിവയ്ക്കും